ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി സഹോദരന്മാരെ ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരി നിൽക്കുന്നവരോട് അവന്റെ വായിക്ക് അടിപ്പാൻ കൽപ്പിച്ചു പൌലോസ് അവനോട് ദൈവം നിന്നെ അടിക്കും വെള്ള തേച്ച ചുവരെ നീ ന്യായ പ്രമാണ പ്രകാരം എന്നെ വിസ്തരിപ്പാൻ ഇരിക്കുകയും ന്യായപ്രമാണത്തിനു വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു അരികെ നിൽക്കുന്നവർ നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് പൌലോസ് സഹോദരന്മാരെ മഹാപുരോഹിതനെന്ന് ഞാൻ അറിഞ്ഞില്ല നിന്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്നാൽ ന്യായാധിപത്സംഗത്തിൽ ഒരുപക്ഷം സദൂക്ക്യൻ ഒരുപക്ഷം പരീക്ഷന്മാരുമാകുന്നു എന്ന് പൌലുസ് അറിഞ്ഞു സഹോദരന്മാരെ ഞാനൊരു പരീക്ഷനും പരീക്ഷന്മാരുടെ മകനുമാകുന്നു മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുദ്ധാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ പരീശന്മാരും സദൂക്ക്യരും തമ്മിൽ ഇടഞ്ഞു സംഘം ഛിദ്രിച്ചു പുനരുദ്ധാനം ഇല്ല ദൂതനും ആത്മാവും ഇല്ല എന്ന് സദൂഖ്യ പറയുന്നു പരീക്ഷന്മാരോ രണ്ടും ഉണ്ടെന്ന് പ്രമാണിക്കുന്നു അങ്ങനെ വലിയൊരു നിലവിളി ഉണ്ടായി പരീഷപക്ഷത്തിലെ ശാസ്ത്രിമാരിൽ ചിലർ എഴുന്നേറ്റം വാദിച്ചു ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല ഒരാത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വലിയ ഇടച്ചൽ ആയതുകൊണ്ട് അവർ പൌലോസിനെ ചീന്തിക്കളയുമെന്ന് സഹസ്രാധിപൻ പേടിച്ച് പടയാളികൾ ഇറങ്ങിവന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു ധൈര്യമായിരിക്കാം നീ എന്നെക്കുറിച്ച് യരുസലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നരുളിച്ചേതു നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൌലോസിനെ കൊന്നു കളയോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു ഈ ശപഥം ചെയ്തവർ നാൽപ്പതിലധികം പേർ ആയിരുന്നു അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്നു ഞങ്ങൾ പൌലോസിനെ കൊന്നുകളയോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്നൊരു കഠിന ശപഥം ചെയ്തിരിക്കുന്നു ആകയാൽ നിങ്ങൾ അവന്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണം എന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിക്കും എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ പതിയിരുപ്പിനെ കുറിച്ച് പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൌലോസിനോട് അറിയിച്ചു ശതാധിപന്മാരിൽ ഒരുക്കനെ വിളിച്ചു ഈ യൌവനക്കാരന് സഹസ്രാധിപനോട് ഒരു കാര്യം അറിയിപ്പിനുള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അവൻ അവനെ കൂട്ടി സഹസ്രാധിപന്റെ അടുക്കൽ കൊണ്ടുചെന്നു തടവുകാരനായ പൌലോസ് എന്നെ വിളിച്ചു നിന്നോട് ഒരു കാര്യം പറവാനുള്ള ഈ യൗവനക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് എന്ന് പറഞ്ഞു സഹസ്രാധിപൻ അവനെ കൈക്ക് പിടിച്ച് മാറി എന്നോട് ബോധിപ്പിപ്പിനുള്ളത് എന്ത് എന്ന് സ്വകാര്യമായി ചോദിച്ചു അതിനവൻ യഹൂദന്മാർ പൌലോസിനെക്കുറിച്ച് അധികം സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണമെന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ ന്യായാധിപത് സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോടപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു നീ അവരെ വിശ്വസിച്ചു പോകരുത് അവരിൽ നാൽപ്പതിലധികം പേർ അവനെ ഒടുക്കിക്കളയോളം ഒന്നും പിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് അവനായി പതിയിരിക്കുന്നു നിന്റെ വാക്തത്വം കിട്ടും എന്ന് ആശിച്ച് അവർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു നീ ഇത് എന്നോടറിയിച്ചു എന്ന് ആരോട് മെന്തരുതെന്ന് സഹസ്രാദിതം കൽപ്പിച്ചു യൌവനക്കാരനെ പറഞ്ഞയച്ചു പിന്നെ അവൻ ശതാധിപന്മാരിൽ രണ്ടുപേരെ വരുത്തി ഈ രാത്രിയിൽ മൂന്നാം മണി നേരത്ത് കൈസരേക്ക് പോകുവാൻ ഇരുന്നൂറ് കാലാളെയും എഴുപത് കുതിരക്ഷേവകരെയും ഇരുന്നൂറ് കുന്തക്കാരെയും ഒരുക്കുവിൻ പൌലോസിനെ കയറ്റി ദേശാധിപതിയായ ഫേലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പീൻ എന്ന് കൽപ്പിച്ചു താഴെപ്പറയുന്ന വിധത്തിൽ ഒരു എഴുത്തും എഴുതി ക്ലൌഡ്യോസ് ലൂസിയാസ് രാജശ്രീ ഫേലിക്സ് ദേശാധിപതിക്ക് വന്നു ഈ പുരുഷനെ യഹൂദന്മാർ പിടിച്ചുകൊള്ളുവാൻ ഭാവിച്ചപ്പോൾ റോമ പൌരൻ എന്നറിഞ്ഞ് ഞാൻ പട്ടാളത്തോടും കൂടെ നേരിട്ട് ചെന്ന് അവനെ വിടുവിച്ചു അവന്റെ മേൽ കുറ്റം ചുമത്തുന്ന സംഗതി ഗ്രഹിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ ന്യായാധിപ സംഘത്തിലേക്ക് അവനെ കൊണ്ടുചെന്നു എന്നാൽ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെക്കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതൊന്നും ഇല്ല എന്ന് കണ്ടു അനന്തരം ഈ പുരുഷന്റെ നേരെ അവർ കൂട്ടുകെട്ട് എന്ന് തുമ്പ് കിട്ടിയപ്പോൾ ഞാൻ തൽക്ഷണം അവനെ നിന്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു അവന്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പിപ്പാൻ വാദികളോട് കൽപ്പിച്ചിരിക്കുന്നു സുഖമായിരിക്കട്ടെ പടയാളികൾ കൽപ്പനപ്രകാരം പൌലൂസിനെ കൂട്ടി രാത്രിയിൽ അന്തിപത്രോസോളം കൊണ്ടിരുന്നു പിറ്റെന്നാൾ കുതിരച്ചേവകരെ അവനോടുകൂടെ അയച്ച് കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു മറ്റവർ കൈച്ചേരിയിലെത്തി വേഷാധിപതിക്ക് എഴുത്തുകൊടുത്തു പൌലോസിനെയും അവന്റെ മുമ്പിൽ നിർത്തി അവൻ എഴുത്തു വായിച്ചിട്ട് ഏത് സംസ്ഥാനക്കാരനെന്ന് ചോദിച്ചു കിലീക്യാക്കാരൻ എന്ന് കേട്ടാറേ വാദികളും കൂടെ വന്നു ചേരുമ്പോൾ നിന്നെ വിസ്തരിക്കാമെന്ന് പറഞ്ഞ് ഏരോദാവിന്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു